അവരിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ളവരെ നിങ്ങൾ മാറ്റിവെക്കുകയും ഇഷ്ടമുള്ളവരെ നിങ്ങളുടെ അടുത്തേക്ക് ചേർക്കുകയും ചെയ്യാം നിങ്ങൾ മാറ്റിവെച്ചവരിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ അതിൽ നിങ്ങൾക്ക് തെറ്റില്ല കണ്ണുകൾ കുളിർക്കാനും അവർ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾ അവർക്കെല്ലാം നൽകിയതിൽ അവർ സംതൃപ്തരാകാനും ഇത് കൂടുതൽ അനുയോജ്യമാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണെന്ന് അള്ളാഹുസുബഹാനുഹൂവത്ത ആല അറിയുന്നു അള്ളാഹുസുബഹാനുഹൂവത്ത ആല എല്ലാം അറിയുന്നവനും ഏറെ സഹനശീലനുമാകുന്നു